ഒരു തിന്മയ്ക്കുള്ള പ്രതിഫലം അതിനു തുല്യമായൊരു തിന്മയാകുന്നു എന്നാൽ ആരെങ്കിലും പുറത്തുകൊടുക്കുകയും കാര്യങ്ങൾ ശരിയാക്കുകയും ചെയ്താൽ അവൻറെ പ്രതിഫലം അള്ളാഹു സുഹാനഹുവ ചായാലായുടെ ഉത്തരവാദിത്തത്തിലാകും തീർച്ചയായും അവൻ അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല